വർത്തമാനം പറയും ഇതിനകത്ത് ആ ചൈതന്യ വസ്തു അക്ഷര പുരുഷൻ ഇല്ലെങ്കിൽ ഈ ശരീരം എങ്ങനെ ചലിക്കും എങ്ങനെ ശബ്ദം പുറത്തു വരും എന്റെ മുമ്പിൽ കിളർത്തു നിൽക്കുന്ന പുല്ലുകളൊക്കെ ഇതെങ്ങനെ കിളർത്തി ഇങ്ങനെ നിൽക്കും ഈ വൃക്ഷങ്ങളൊക്കെ എങ്ങനെ ജീവൻ തുടിച്ചുകൊണ്ട് നിൽക്കും വായു എങ്ങനെ വീശും ഈ കാണുന്നതൊക്കെ തന്നെ ഭഗവത് സ്വരൂപമാണ് നമ്മൾ ഭഗവാനെ വേറെ എവിടെയോ അടുത്ത് പ്രതിഷ്ഠിച്ച് പ്രത്യക്ഷമായിട്ട് കാണുന്നതിനൊക്കെ നാമരൂപം കൊടുത്തി ഇതൊക്കെ വേറെ വസ്തുക്കളാണെന്ന് കൽപ്പിച്ച് രാഗദ്വേഷം ഉണ്ടാക്കി നീ എന്ത് വേണം വി ഹാവ് ടു ഡി ഹിപ്പനോട്ടൈസ് അത്രേ ഉള്ളൂ വി ആർ ഓൾറെഡി ഹിപ്പനോട്ടൈസ്ഡ് അതെന്ന് പുറത്തു വരണം വേദാന്തം എന്ന് പറയുന്നത് തരത്തിൽ പറഞ്ഞാൽ ഡീ ഹിപ്പനോട്ടൈസേഷൻ മായ നമ്മളെ ഹിപ്പനോട്ടൈസ് ചെയ്ത് ഇത് സ്ത്രീയാണ് ഇത് പുരുഷനാണ് ഇത് മരമാണ് ഇത് വേണ്ടപ്പെട്ട ആളാണ് ഇത് വേണ്ടാത്ത ആളാണ് ഇത് വളരെ നല്ല മനുഷ്യൻ ഇത് മനുഷ്യൻ നമ്മളെ കളിപ്പിക്കാണ് ഇതൊക്കെ കള്ള കടംകഥ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് മായ കള്ളക്കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുക അതിനെ മറിച്ചാക്കണമെങ്കിൽ എന്ത് വേണം ഭാഗവതം പഠിക്കും തോറും പദത്തിനു പദം രാസഭഗവാൻ പറയുന്നു നിങ്ങൾ മായയുടെ കുരുക്കിൽ കുടുങ്ങിപ്പോണ്ട ഇവിടെ ആരോടും രാഗം വേണ്ട ദ്വേഷവും വേണ്ട ഒരു ബന്ധവും സ്ഥാപിക്കാൻ നിൽക്കണ്ട ഒരേ ഒരു ബന്ധ വികാരമേ നമുക്ക് ഉണ്ടാവാനുള്ളൂ ഭക്തി എന്തിനാ കണ്ടത് എന്തിനെ കണ്ടാലും ഏതാളിനെ കണ്ടാലും എങ്ങനെയുള്ളവനെ കണ്ടാൽ എത്ര ദുഷ്ടനെ കണ്ടാലും അടുക്കാനൊന്നും പോകണ്ട രാമകൃഷ്ണദേവൻ പറയണ പോലെ പുലിയും നാരായണനാണ് പക്ഷെ കെട്ടിപ്പിടിക്കാനൊന്നും പോണ്ട ദൂരത്ത് നിന്ന് അത് നാരായണനാണെന്ന് ധരിച്ചാൽ ആ പുലിയോടുള്ള ദ്വേഷവും ഭയവും ഒക്കെ പോയി കിട്ടും പതുക്കെ പതുക്കെ പതുക്കെ അനുഭൂതിയെ വളർത്തണം സഹജ വളർത്തണം സഹജമായ ഭക്തിയെ വളർത്തണം ജഗത്ത് വിശ്വം ഭഗവത് സ്വരൂപമാണ് എന്ന് ഓർത്തോളണം അത് നമുക്ക് പഠിപ്പിക്കാനാണ് ഭഗവാൻ പ്രത്യേകിച്ച് ഒരു രൂപം എടുത്തു വരണത് ഭഗവാൻ പ്രത്യേകിച്ച് ഒരു രൂപം എടുത്തു വന്ന അർജുനനോട് എന്തു പറഞ്ഞു മയാ തഥമിതം സർവം ജഗതവ്യക്തമൂർത്തിന മത്സാ സർവഭൂതാ ന ചാഹം തേശു അവസ്ഥിത ഈ ജഗത്ത് മുഴുവൻ എന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന വെച്ചാൽ ഒരു റൂമിന്റെ ഉള്ളിൽ കാറ്റ് വ്യാപിച്ചു കിടക്കുന്ന പോലെയാണോ അങ്ങനെയല്ല മസ്സ്ഥാനി സർവഭൂതാനി എന്നിലാണ് ഈ ജഗത്ത് നിൽക്കുന്നത് ഞാൻ ജഗത്തിലല്ല ജഗത്ത് മുഴുവൻ എന്നിൽ ജഗത്ത് എന്ന് പറയുന്നത് ഒരു അധ്യാരോഗം അപ്പൊ ജഗത്ത് ഭഗവാനിൽ എങ്ങനെ നിൽക്കണു മോതിരത്തിൽ സ്വർണം എന്ന പോലെ വളയിൽ സ്വർണം എന്ന പോലെ കിരീടത്തിൽ സ്വർണം എന്ന പോലെ ചെവിയില് ധരിക്കുന്ന ആവരണത്തിൽ സ്വർണം എന്ന പോലെ ഭഗവാൻ ജഗത്തിൽ വ്യാപിച്ചു നിക്കുന്നു ഇപ്പൊ ഒരാള് കടയിൽ പോയിട്ട് പറയാണ് ആ സ്വർണ്ണമെടുത്തിട്ട് വളരെ വരൂ മുണ്ടില് നൂല് എന്ന പോലെ ഭഗവാൻ ജഗത്തിൽ വ്യാപിച്ചു നിക്കും ആ നൂലില്ലാത്ത മുണ്ടു മതി ഒന്ന് ഉടുക്കാൻ നടക്കണം അപ്പൊ ഭഗവാൻ ഇല്ലാത്ത ലോകം എന്ന് വച്ചാൽ ഒന്ന് പറയൂ നോക്കട്ടെ ഒരു സിദ്ധൻ ശിവവാക്യങ്ങളടുത്ത് പറഞ്ഞു ഒരേ കല്ല് ഒരിടത്ത് അതിനെ വെച്ച് ഗണപതിയായിട്ടോ ശിവനായിട്ടോ എന്തോ പൂജിക്കുന്നു ഒരു പകുതി കാലിൻ്റെ ചോട്ടിൽ കിടക്കണോ അത്ര ഒരേ കല്ല് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ അവിടെ പൂജിക്കുന്നു ഇത് കാലിൻ്റെ ചുവട്ടിൽ കിടക്കണു ഇതിനെ ആരാധിക്കാൻ അയ്യേ ഇതുവരും കല്ലല്ലേ എന്ന് പറയും പക്ഷേ രണ്ടിലും ഒന്ന് ആ അനുഭൂതി വരാത്തത് കൊണ്ട് ചെയ്തു വിഭൂതികളെ ആരാധിക്കാൻ പറഞ്ഞു അർജുനന് മയാത്തതമിതം സർവം പറഞ്ഞപ്പോൾ മനസ്സിലാകാത്തത് കൃഷ്ണൻ എന്തു പറഞ്ഞു സൂര്യനിൽ ഞാൻ പ്രകാശമായിട്ട് നിൽക്കുന്നു നക്ഷത്രങ്ങളിൽ പ്രകാശമായിട്ട് നിൽക്കുന്നു ജലത്തിൽ അതിന്റെ ഉള്ളിലുള്ള ജലാംശമായിട്ട് നിൽക്കുന്നു ആകാശത്തിൽ അനന്തതയായിട്ട് നിൽക്കുന്നു വായുവിൽ അതിന്റെ വീശാനുള്ള ശക്തി ഉണക്കാനുള്ള ശക്തിയായിട്ട് ഞാൻ നിൽക്കുന്നു സകല സസ്യങ്ങളിലും ഓജസായിട്ട് ഞാൻ നിൽക്കുന്നു ബലമുള്ളവന്റെ ഉള്ളിൽ ബലമായിട്ട് നിൽക്കുന്നു തേജസ്വിയുടെ ഉള്ളില് തേജസ്സായിട്ട് നിൽക്കുന്നു ബുദ്ധിയുള്ളവന്റെ ഉള്ളില് ബുദ്ധിയായിട്ട് നിൽക്കുന്നു ഇനി കണ്ടോളൂ അഭ്യസിക്കാൻ പറയാം പതുക്കെ കൊള്ള പക്ഷെ കള്ളന്മാരെയാണല്ലോ ലോകത്തെ കാണുന്നത് അപ്പൊ എന്തു ചെയ്യും എന്ന് വെച്ച കള്ളന്മാരില് ഏറ്റവും വലിയ കള്ളൻ ഞാനാണോ ദ്യൂതം ചലയതാം അസ്മി നല്ല കള്ളത്തരം കാണിക്കണവരില് നല്ലവണ്ണം കള്ളത്തരം കാണിക്കണമെന്ന് ഞാനാണ് ചില ബലം എവിടുന്ന് കിട്ടി അവൻ ജഡമായാ കാണിക്കില്ലല്ലോ അവന്റെ പുറകിലിരുന്ന് അതിനും ശക്തി കൊടുക്കണത് ഭഗവാനാണെന്ന് രണ്ടുപേരോട് സമമാണ് ഭഗവാൻ സർവത്തിന് നിറഞ്ഞു നിൽക്കുന്നു ഇത് നമുക്ക് അഭ്യസിക്കാനല്ല ലോകത്തിന് പ്രചരിപ്പിക്കാനല്ല ഇത് ഈ അദ്വൈത ഭാവം ഭാവാദ്വൈതം ഭാവത്തിൽ അദ്വൈതം ജഗത്തിലെ എല്ലാത്തിലും പ്രഭു നിറഞ്ഞു നിൽക്കണു എന്ന് കാണുമ്പോ മനസ്സിന് ശാന്തി ആനന്ദമുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ഒരിടത്തു പോയി ഭഗവാനെ ആരാധിക്കണമെന്നില്ല നാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തര നാമസ്മരണ ചെയ്തുകൊണ്ട് ഇതാണ് ഭാഗവതധർമ്മമേ ഭാഗവതധർമ്മത്തിന്റെ ചുരുക്കം ഇതാണ് നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു ജപിക്കുമ്പോ ഒരേ ഒരു ശ്ലോകം ഓർത്താൽ മതി യാതൊന്നു കൺപതും നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതും നാരായണശ്രുതികൾ യാതൊന്നു ചെയ്വതാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായന എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ നാരായണനാ നാരായണനല്ലാതെ മറ്റൊരു വസ്തു ഇവിടെ ഇയാ നാമം ജപിക്കുന്നതോടുകൂടി ഇത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തര നാമസ്മരണ ശകല ഭക്തന്മാരും അവരുടെ കീർത്തനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഈ ഒരു കാര്യം പറഞ്ഞു വച്ചിട്ടുണ്ട് ഇതിനെ തന്നെ ജാനികൾ എന്തുപറയും സർവം ബ്രഹ്മ തജ്ജലാനി ശാന്ത ഉപാസീത ജഗത്ത് ഇത് മുഴുവൻ ഈ കാണപ്പെടുന്നതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ബ്രഹ്മമാണ് അതിൽ നിന്ന് അതിൽ നിൽക്കുന്നു അതിൽ ലയിക്കുന്നു എന്ന് ശാന്തമായിട്ട് ഉപാസിക്കുന്നു ആ ഉപാസനയെ തന്നെ ഇവിടെ ഭക്തി എന്ന് പറഞ്ഞു പ്രേമത്തിന്റെ ഭാവത്തിൽ ഭാഗവതം പറയുന്നു ശാന്തിയുടെ ഉപനിഷത്തുകൾ സ്വീകരിക്കും അത്രേ ഉള്ളൂ പ്രിയവും ശാന്തിയും രണ്ടല്ല പ്രിയം വന്നാൽ ശാന്തി വരും ശാന്തി വന്നാൽ പ്രിയം വരും രണ്ട് ഭാഷ ഭാഷ മാറിപ്പോയി അത്രയേ ഉള്ളൂ ഭാഷയിൽ അല്പം കുറച്ച് വ്യത്യാസം വന്നു അത്രയേ ഉള്ളൂ ഈ ജഗത്ത് മുഴുവനായിട്ടുള്ള ഭഗവാൻ പ്രത്യേക ഒരു രൂപമെടുത്തു വന്ന് നമ്മളുടെ മുമ്പിൽ നമ്മളൊക്കെ മോഹിപ്പിക്കുന്ന രീതിയിൽ കളിച്ചു രസിച്ചു കഥകൾ ഉണ്ടാക്കി കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയത്ര അവതാരം ശ്രവണസ്മരണാർഹാണി കരിഷ്യന്ന് ഭാഗവതം തന്നെ പറയുന്നത് കുന്തിദേവി ഭഗവാനെ സ്തുതിച്ചപ്പോ പറഞ്ഞു ഭഗവാനെ അങ്ങ് അവതരിച്ചത് ശ്രവിക്കാനും സ്മരിക്കാനും കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മളിപ്പോ എന്ത് പറയും സത്സംഗം എന്ന് പറഞ്ഞപ്പോ പറയും ഭാഗവതം എന്ത് കഥ എഴുത്തും അവതാരണത്തിന്റെ ഒരേ ഉദ്ദേശം മഹാത്മാക്കളുടെ കഥയും ഭഗവാന്റെ കഥ മാത്രമല്ല മഹാപുരുഷന്മാരുടെ കഥകൾ ഞാനികളുടെ കഥകൾ ഭക്തന്മാരുടെ കഥകളൊക്കെ നമുക്ക് പറഞ്ഞ് രസിക്കാൻ സ്മരിക്കാൻ ധ്യാനിക്കാൻ അതൊക്കെ ധ്യാനയോഗമാണ് ധ്യാനയോഗ്യമാണ് അതുകൊണ്ട് അവർക്ക് ഉത്തമശ്ലോകാഹ എന്ന പ്രാതസ്മരണീയാഹ എന്ന് പറയും നമുക്ക് സ്മരിക്കാവുന്നവരാണ് ധ്യാനിക്കാവുന്നവരാണ് അപ്പൊ അത്തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത് അതാണ് ഇവിടെ പരീക്ഷിത്വം ചോദിക്കുന്നത് കഥ പറയൂ അവതീര്യദൂർവംശം ഭഗവാൻ ഭൂതഭാവന കൃതവാൻ വിശ്വാത്മാ താനിനോ വധവിസ്തരാത് വിസ്താരമായിട്ട് പറയൂ നാം ചുരുക്കി പറയാൻ പാടില്ല വിസ്തരിച്ച് വ്യാസവിധിയിൽ പറയാം താനിനോ വധവിസ്തരാത്ത് പരീക്ഷിട്ടെ കഥ കേട്ടിട്ട് തൃപ്തി ഇത്രയും കാലമായിട്ട് കഴിക്കണു ഭാഗവതം എത്ര കേട്ട് കഴിഞ്ഞു നമ്മൾ പരീക്ഷിത്തും ഈ അഷ്ടമ സ്കന്ധം പര്യന്തം കേട്ടുകഴിഞ്ഞു ഇപ്പൊ തൃപ്തി ആയില്ലേ എന്നാണ് അപ്പൊ പരീക്ഷിത് പറയുന്നു തൃപ്തി ആയി എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അയാൾ കേട്ടിട്ടേ ഇല്ലാന്നർത്ഥം ശ്രോതാവ് നാല് തരത്തിലാണ് വേദാന്ത പ്രഭാഷണത്തിന് ഭക്തിപ്രഭാഷണത്തിനാവട്ടെ ഭക്തിയും വേദാന്തവും രണ്ടല്ല നാലു തരത്തിലുള്ള ശ്രോതാക്കളാണ് ആദ്യത്തെ ശ്രോതാവ് എന്താന്ന് വെച്ചാൽ സത്സംഗത്തിൽ വന്നിരുന്നു ഓരം ചേർന്നിരുന്നു ഉറങ്ങും അത് ആദ്യത്തെ പടി അതായത് പ്രമാദം എന്നാണ് ആ ലക്ഷണം അതായത് ശ്രവിക്കാൻ സാധിക്കില്ല അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ശ്രവിക്കാൻ പറ്റില്ല പക്ഷെ വരും അതാണ് കൃപ എന്ന് പറയുന്ന കൃപ എന്തെയും വരും കൊണ്ടുവരും അവരെ കൊണ്ടുവന്ന് ഇരുത്തും ഇത് ഇവരും ആദ്യത്തെ പടിയാണ് കുറെ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ പതുക്കെ ഇവരുടെ ഉള്ളിലുള്ള തമോ ശ്രവണം കൊണ്ട് തന്നെ നീങ്ങി നീങ്ങി നീങ്ങി കുറച്ച് കുറച്ച് കുറച്ച് അടുത്ത സ്റ്റെപ്പിൽ കിടക്കും രണ്ടാമത്തെ ശ്രോതാവ് ആരാണെന്ന് വെച്ചാൽ കേൾക്കും കേട്ടിട്ട് ധരിക്കും പക്ഷെ ധരിക്കുന്നതൊക്കെ വിപരീതമായിരിക്കും വിപരീതമായിരിക്കും ചിലരുണ്ട് ഭാഗവത സപ്താഹം കേൾക്കും എന്തിനാന്ന് വെച്ചാൽ ഈ പ്രഭാഷണം ചെയ്യുന്ന ആളെ എവിടെയൊക്കെ വ്യാകരണം തെറ്റുവരുത്തിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശ്ലോകം എന്തൊക്കെ ചൊല്ലി എന്തൊക്കെ ചൊല്ലിയില്ല അല്ലെങ്കിൽ ധരിക്കുന്ന കാര്യം നേരെ വിപരീതമായിരിക്കും ഇത് രണ്ടാമത്തെ കൂട്ടർ മൂന്നാമത്തെ ശ്രോതാവ് മനസ്സിലാക്കും അതായത് പറയണതൊക്കെ കേട്ട അറിയും അറിയും ഈ വിൽ ബി ഏബിൾ ടു റീപ്രഡ്യൂസ് വേറെ ഒരിടത്ത് പോയിട്ട് അയാൾ വേണമെങ്കിൽ പറയും നാലാമത്തെ ശ്രോതാവാണ് ഉത്തമ ശ്രോതാവ് ഉത്തമ ശ്രോതാവ് എന്താന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഇരിക്കും അയാൾ പറയണതൊന്നും കേൾക്കണതൊന്നും ഈ പുറത്തൊന്നും വരൂല്ല നേരെ ഹൃദയത്തിലേക്ക് പോകും കേൾക്കുന്നത് മനസ്സിൽ കൂടെ കിടക്കില്ല ഹൃദയത്തിൽ കിടക്കും കർണനാടിയും പുരുഷയാതഹ ഭവപ്രദാം ഗേഹരത്തിനത്തി ഭാഗവതം തന്നെ പറഞ്ഞത് ചെവിയില് നമുക്കൊക്കെ എല്ലാ ശരീരം മുഴുവൻ നാടികൾ വ്യാപിച്ച് കിടക്കണേ ഇപ്പൊ ചെവിയിലും നാടികളുണ്ട് ചെവിയിലുള്ള നാടികള് പല വാക്കുകൾ കേൾക്കുമ്പോൾ പല വികാരങ്ങളുള്ള സെന്റസില് കൊണ്ട് കൊടുക്കും അതിനനുസരിച്ച് നമുക്ക് വികാരം ഉണ്ടാകും ഞാനിപ്പോൾ ലഡു എന്ന് പറഞ്ഞാൽ ജിലോബി എന്ന് പറഞ്ഞാൽ ഉടനെ ചെവിയിൽ വീഴും വീഴുന്ന ഉടനെ അതിനനുസരിച്ചൊരു വികാരം അതിന്റെ ഏതോ ഒരു മണ്ഡലത്തിൽ പോയി സ്പർശിക്കും ആ വികാരം ഉണ്ടാകും നാവിലെ വെള്ളമോറും അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ വികാരം ഉണ്ടാകും അതിനനുസരിച്ചുള്ള കേന്ദ്രത്തിൽ കൊണ്ടു കൊടുക്കും അപ്പൊ ലോകത്തില് നമ്മള് ഇപ്പൊ സംസ്കൃതത്തിലുള്ള ശ്ലോകം എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റെന്ന് കാണിക്കും എന്താണെന്ന് വെച്ചാൽ അതിലില്ലാതെ അതിന് ഒന്നും റിപ്ലൈ ചെയ്തു പറ്റില്ല പക്ഷെ അതിനറിയുന്നതൊക്കെ പറഞ്ഞാൽ അതിന് റൈറ്റോ റോങ്ങോ ഒക്കെ അത് പറയും അതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പിടിച്ചെടുത്ത് ഓരോ വികാരങ്ങളും അടക്കിത്തരും നമുക്ക് ശബ്ദം പറയുമ്പോൾ അതേ സ്ഥലത്ത് നിങ്ങളോട് ആത്മവിദ്യ ബ്രഹ്മവിദ്യ പറയുന്നു നമ്മളുടെ സ്വരൂപം നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവമാണ് നമ്മുടെ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ആത്മാവാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് തെളിയാൻ പക്വമാവാത്ത ആൾക്ക് അയാൾക്ക് കർണത്തിലേ കർണത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പോകുന്ന നാടി തുറന്നിട്ടില്ല അത്ര ഇതൊക്കെ യോഗികളുടെ വ്യാഖ്യാനമാണ് കർണത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പോകുന്ന ഒരു നാടി അടഞ്ഞുകിടക്കുന്നവ ആ നാടി അടഞ്ഞുകിടക്കണത് കൊണ്ട് ഈ കേൾക്കണതൊന്നും ഒന്നും പ്രയോജനപ്പെടില്ല അങ്ങനെ ഇരിക്കും മെനക്കിട്ടിരുന്നു നോക്കുക ഒന്നും പിടിയിട്ടില്ല പക്ഷെ പതുക്കെ ശ്രവണം കൊണ്ടത് ഈ നാടി എങ്ങനെ തുറക്കും എന്ന് വെച്ചാൽ ശ്രവണം കൊണ്ട് തുറക്കുകയുള്ളൂ കുറേ അധികം നമ്മൾ ശ്രവിക്കാൻ തയ്യാറാവുമ്പോൾ ശ്രവിച്ച് ശ്രവിച്ചു ശ്രവിച്ച ശ്രവണം പോലെ ഒരു സാധനയില്ല കാണലിനെക്കാളും മണക്കലിനെക്കാളും രുചിക്കുന്നതിനേക്കാളും സ്പർശിക്കുന്നതിനെക്കാളും സൂക്ഷ്മമായ ഇന്ദ്രിയ ശ്രവണം എന്താണെന്ന് വെച്ചാൽ മണക്കുക ഭൂമിയുടെ തത്വമാണ് രുചിക്കുക ജലത്തിന്റെയാണ് കാണുക എന്നുള്ളത് അഗ്നിയുടെയാണ് സ്പർശിക്കുക വായുവിന്റെയാണ് കേൾക്കുക എന്നുള്ളത് ആകാശത്തിന്റെ ഗുണമാണ് ആകാശം ഏറ്റവും സൂക്ഷ്മമാണ് ആകാശത്തിന്റെ ആണ് അപ്പൊ ശലവം ചെയ്യുന്തോറും നമ്മളുടെ ഉള്ളിൽ ഒരു സ്പേസ് ക്രിയേറ്റഡാണ് നമ്മളുടെ ഉള്ളില് ഒരു ആകാശം എന്താണെന്ന് വെച്ചാൽ ചിത്തവൃത്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും പതുക്കെ പതുക്കെ ഈ കർണനാടി തുറക്കും അമൃതനാടി തുറക്കും കർണനാടി തുറക്കും ാണ് സംസാരത്തിലൂടെയുള്ള ബന്ധം പതുക്കെ വിട്ടുപോയി ഹൃദയത്തിൽ ഭക്തി ശാന്തി ആനന്ദം ആനന്ദത്തിന്റെ ഉറവിടം നീരുറവ തുറന്നു കിട്ടും ആ നീരുറവ ഉള്ളിൽ തുറന്നു വിട്ടും ചിലപ്പോ ചിലർക്ക് ഗുരുവിന്റെ കൃപ കൊണ്ട് ദീക്ഷ കിട്ടുമ്പോൾ തന്നെ തുറക്കും അത്രയും മഹർഷി അരുണാചല അക്ഷരവണമാലയിൽ ഒരു പാട്ടുകൾ പറയുന്നു ഏ അരുണാചല എന്റെ ശിരസിൽ കൈവെച്ച് ഹൃദയത്തിലുള്ള അമൃതനാടിയെ തുറക്കൂ അങ്ങയുടെ കൃപയാകുന്ന ഹസ്തം വെച്ചാൽ ഉടനെ ഹൃദയത്തിലുള്ള ഹസ്തം വൈത്ത് അമുതവായ അരുൺമതി അരുണാചല ഹൃദയത്തിലുള്ള അമൃതനാടി തുറന്നു തരൂ അപ്പൊ ഇവിടെ ശ്രവണം കൊണ്ട് തന്നെ ഈ തമസ് നീങ്ങി നീങ്ങി നീങ്ങി ഉത്തമ ശ്രോതാവായിട്ട് വെച്ചാൽ മനസ്സിലാക്കുന്ന തലത്തിലുമല്ല തെറ്റിദ്ധരിക്കുന്ന തലത്തിലുമല്ല ഉറങ്ങുന്ന തലത്തിലുമല്ല കേൾക്കുംതോറും അനുഭൂതി കേൾക്കുംതോറും ശാന്തി കേൾക്കും തോറും ആനന്ദം അത് കേൾക്കുക എന്നുള്ളത് തന്നെ ഒരു ധ്യാനമായിട്ട് തീർന്നു അല്ലാതെ അതുകൊണ്ടാണ് പലപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞത് മനസ്സിലാക്കാനല്ല മനസ്സിലാക്കലൊക്കെ നമ്മൾ എത്ര കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു മനസ്സിലാക്കാനല്ല അനുഭവിക്കാനാണ് നമ്മൾ ഇരുന്ന് അനുസന്ധാനം ഏർപ്പെടാനാണ് സ്വരൂപാനുസന്ധാനം ഏർപ്പെടാനാണ് ശ്രമിക്കും തോറും നമുക്ക് ഈ അനുസന്ധാനം തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പോ ഈ രുചി കണ്ടെത്തിയ ഒരാളും ശ്രവണത്തിന് വിടില്ല വിക്കുന്നതിന്റെ രുചി കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന എല്ലാറ്റിനെക്കാളും ഉന്നതമാണ് ശ്രവണം ശ്രവണം കൊണ്ട് ഭഗവാനെ അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഭാഗവത സിദ്ധാന്തം ഇതന്നെയാണ് വേദാന്ത സിദ്ധാന്തവും ശുശ്രൂഷുഭി തക്ഷണാത് എന്നാണ് ഭാഗവതം ആരംഭിക്കുമ്പോ തന്നെ പറഞ്ഞു നല്ലവണ്ണം ശ്രവണം ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് ശ്രവിക്കുമ്പോൾ തന്നെ ആ മുതൽ തന്നെ സദ്യോഹൃതി അവരുദ്ധ്യത അത്ര കൃതിഭിഹി ശുശ്രൂഷി തന്നെ ഹരിഹൃദയത്തിൽ പ്രകാശിക്കുന്നു കേൾക്കുമ്പോ തന്നെ ഹരിയെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയുന്നു ഹരി നമുക്ക് സ്വന്തം ഹരി നമ്മളുടെ ഉള്ളില് തെളിഞ്ഞു ആനന്ദരൂപരായിട്ട് പ്രകാശിക്കുന്നു ഭഗവാൻ അപ്പോ ഈ ശ്രവണ രുചി ശ്രവണ സംസ്കാരമുണ്ടായി ശ്രവണ രുചി ആർക്കുണ്ടായിക്കഴിഞ്ഞോ അവരൊരിക്കലും ഇത് ഉപേക്ഷിക്കില്ല ഇനിയിപ്പോൾ ശ്രവണം ചെയ്ത് ഉള്ളിലുള്ള അജ്ഞാനം മുഴുവൻ ആത്മതത്വം തെളിഞ്ഞ് പ്രകാശിച്ച് വാസനകളൊക്കെ അസ്തമിച്ച് ജീവൻമുക്തന്മാരായി തീർന്നാൽ പോലും ഉപേക്ഷിക്കില്ലാന്നാണ് പറയുന്നത് അതാണ് പരീക്ഷത്ത് പറയുന്നത് ജീവൻമുക്തി സ്ഥിതിയിൽ പോലും ഉപേക്ഷിക്കില്ല നിവൃത്തദർശീയോത്രമോഭിരാമ്ലോകുണാനുവാദാൻ വിരജ്യേതാശി തർ തൃഷ്ണയില്ലാത്തവരാണ് നിവൃത്തദർശ് തൃഷ്ണെന്ന് വെച്ചാൽ ആശകള് വാസനകൾ ഡിസയേഴ്സ് സങ്കല്പം ആശകള് മുഴുവൻ അസ്തമിച്ചവര് നിവൃത്തതൃഷ്ണ ജീവൻമുക്തന്മാർ ശുഭബ്രഹ്മ മഹർഷിയെപ്പോലെ ഉള്ളവര് ജ്ഞാനികൾ അങ്ങനെയുള്ളവരും പാടുന്നു എന്നാണ് അവരും ഈ ഭഗവത് കഥയെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു രാമകൃഷ്ണ ബ്രഹ്മവംസർക്ക് ക്യാൻസർ വന്ന് തൊണ്ടവേദന എടുത്തിട്ടും അദ്ദേഹത്തിന് ഈ പറയണത് വരുന്നവരോട് ഭഗവാനെ കുറിച്ച് പറയണത് നിർത്താൻ അദ്ദേഹത്തെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ സർക്കാർ പറഞ്ഞു അങ്ങ് എങ്ങെങ്കിലും വർത്തമാനം പറയുന്നത് നിർത്തണം പറഞ്ഞു ഓ എന്ന് പറയും കുറച്ച് കഴിഞ്ഞ് ഈ ഡോക്ടർ സർക്കാർ തന്നെ അടുത്ത് വന്നിരുന്ന് പറയും എന്റെ അടുത്ത് മാത്രം പറയാട്ടോന്ന് പറയും അദ്ദേഹം തന്നെ പറയും മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട എന്നോട് പറയും എന്ന് പറയും എന്നിട്ട് അദ്ദേഹം തന്നെ നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ ഇദ്ദേഹം പറയുന്നതും കേട്ടുകൊണ്ടിരിക്കും അപ്പൊ എന്താ അനുഭൂതിയിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അവർക്ക് ഇത് പറയാതിരിക്കാൻ വയ്യ അവർക്കിത് ബാക്കിയുള്ളവരുമായി കലർന്ന് അനുഭവിക്കാതിരിക്കാൻ വയ്യ തായ്മാനവസ്വാമികൾ പറഞ്ഞു ഒരടുത്ത് കാക്കയ്ക്ക് നാല് വെറ്റ കിട്ടിയാൽ നാട്ടിലുള്ള കാക്കകളൊക്കെ വിളിക്കുന്നു ഞാൻ വിളിക്കാതിരിക്കുമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ആനന്ദമാണ് എങ്ങനെ വിളിക്കാതിരിക്കും കാക്കം ഉറവ് കലന്തീർ കാക്ക എല്ലാ കാക്കകളെയും വിളിച്ച് എച്ചിൽ കൊടുക്കുന്നു അങ്ങനെയിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് പരമാനന്ദ അനുഭൂതി ഞാനെങ്ങനെ വിളിക്കാതിരിക്കും എന്നാണ് എല്ലാവരും വന്ന് അനുഭവിക്കട്ടെ എന്നാണ് ആ ആനന്ദമാണ് ജീവൻമുക്തന്മാര് പോലും മിണ്ടാതിരിക്കുന്നില്ല അനുഭവിച്ചു കഴിഞ്ഞാൽ വിളിച്ചോറൊക്കെ പറയുകയാണ് നിവൃത്തദർശൈ ഹി ഉപഗീയമാനാ ഇതൊരു ഔഷധം ഈ ഔഷധം വായകൊണ്ടെടുക്കാനുള്ളതല്ല ശ്രോത്രമനോഭിരാ സാധാരണ ഔഷധമുണ്ട് ടോണിക്കൊക്കെ ഉണ്ട് അത് വായകൊണ്ടെടുത്താൽ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തും പക്ഷെ ഈ ഔഷധം ചെവി മനസ്സിനെ പുഷ്ടിപ്പെടുത്തും ഭവധാ ശ്രോത്ര മനോഭിരാമാറ്റേത് മുഖത്തിലൂടെ ചെന്നിട്ട് ശരീര അഭിരാമമാണ് ശരീരത്തിലെ ലഭിപ്പിക്കുന്നതാണ് സാധാരണ ഔഷധം സാധാരണ ടോണിക് പക്ഷെ ഈ ഔഷധം ഭവൌഷം എന്നാണ് സംസാരമാവുന്ന രോഗത്തിലുള്ള ഔഷധം സംസാരമാവുന്ന രോഗത്തിലുള്ള ഔഷധം ുട്ടമ ശ്ലോകുവാദാത് ആർക്കാണ് ഭഗവത് കഥകൾ വേണ്ട എന്ന് തോന്നാം അങ്ങനെ തോന്നണമെങ്കിൽ പശുഘനാത് അയാള് പശുവിനെ കൊല്ലുന്ന ആളായിരിക്കണം പശുമാംസം ഭക്ഷിക്കുന്നവനായിരിക്കണം അത്ര നിന്ധ്യനും നീച്ചനും ആയിരിക്കണം അപ്പോ ശരി എനിക്ക് വേണ്ടാന്ന് തോന്നുന്നു നാലഞ്ച് വ്യാഖ്യാനം ഉണ്ട് പശുഘനാഥ് മറ്റൊരു പറയാനം ശ്രീധരാചാര്യർ പറഞ്ഞു പശുവിനെ പശു അപശുഖനാഥ് എന്ന് പറഞ്ഞു അതായത് തന്നെ തന്നെ ഹനിക്കുന്നവൻ ആത്മഹനനം ചെയ്യുന്നവനാ എന്ന് വെച്ചാൽ മനുഷ്യനായി ജനിച്ചിട്ട് ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കാത്തവൻ അങ്ങനെയുള്ളവനും ഹിംസിക്കുകയാണ് തന്റെ ഉള്ളിലുള്ള പശുത്വം കലയണം ഭാഗവതം മുഴുവൻ പറഞ്ഞിട്ട് പശുബുദ്ധിമിമാം ജഹി എന്നാണ് ശിവബ്രഹ്മ മഹർഷി പറഞ്ഞു മറ്റൊരു വ്യാഖ്യാനം യാഗത്തിനു വേണ്ടി ആണെങ്കിലും പശുഹിംസ ചെയ്യുന്നത് ഭാഗവതത്തിന് സ്വീകാര്യമല്ല അതുകൊണ്ട് കർമ്മകാണ്ടത്തിൽ യാഗത്തിനു വേണ്ടി പശുവിനെ ഹിംസ ചെയ്യുന്നവർക്കും ഭഗവത് കഥ രുചിക്കില്ലാതെ വിനോപശുഗ് നിവൃത്തദർശൈ ഉപഗീയമാനൌസോത്രമനോഭിരാമാമ ശ്ലോക ഗുണാനുവാദാത് പുമാൻ വിരജ്യേത് ശു അപ്പൊ ആർക്കാണ് ഇതിൽ വിരട്ടി വരാം ഈ ശ്രവണത്തിൽ ആർക്ക് വിരട്ടി ശ്രവണത്തിന്റെ രുചി കണ്ട ആള് പിന്നെ അത് വിടരാ സ്വാദുസ്വാദു പതേ പതേ ഓരോ പദത്തിലും സ്വാതിഷ്ടം കേൾക്കുന്തോറും ആനന്ദം കേൾക്കുന്തോറും സുഖം ഞാൻ ഇതിനു മുമ്പ് കഥ പറഞ്ഞിട്ടുണ്ട് രാമാനുജ സമ്പ്രദായത്തിൽ ഒരു ഗുരു അദ്ദേഹം ദിവസം ഭാഗവതം രാമായണമൊക്കെ പറയും അദ്ദേഹത്തിനൊരു ശിഷ്യൻ ആശ്രമം വിട്ടു പോയതേ ഇല്ല ഇരുപത്തിമൂന്ന് വർഷം അദ്ദേഹം കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുമ്പിൽ വന്ന് രസിച്ചിരിക്കും അദ്ദേഹത്തിന്റെ അടുത്താരും ഒരു വട്ടത്തിൽ ഒരു സർക്കിളിൽ ആരുവും ഇരിക്കില്ലേ അത്രേ എന്താന്ന് വെച്ചാൽ രസം കയറി കഴിഞ്ഞാൽ സ്വഭാവം മാറും കഥ കേൾക്കുമ്പോ ഒരിക്ക രാവണൻ യുദ്ധഭൂമിയിൽ വന്നു ഹനുമാൻ രാവണനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു യുദ്ധകാണ്ടം കഥ പറയുമ്പോ ഇദ്ദേഹത്തിന് അടുത്തിരിക്കുന്ന ആളുടെ ചകിട് പോയി അത്ര രസിച്ചു കേൾക്കും അങ്ങനെയുള്ള ഭട്ടനെ ഒരു ദിവസം വിളിച്ച് ചോദിച്ചു ആചാര്യൻ ഇത്ര ദിവസം ഇരുപത്തിമൂന്ന് വർഷമായി കഥ കേട്ട് നീ എന്ത് മനസ്സിലാക്കി നീ ആയിട്ടൊന്നും പ്രഭാഷണവും ചെയ്യുന്നില്ല ഒരാൾക്കും പഠിപ്പിക്കണമില്ല വീട്ടിലേക്കും പോകുന്നില്ല പാഠശാലയിൽ തന്നെ ചുറ്റി പറ്റി നിൽക്കുകയാണ് ഇരുപത്തി മൂന്ന് വർഷമായി നീ എന്ത് പഠിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഒരു കാര്യം പഠിച്ചു ഇരുപത്തിമൂന്ന് വർഷമായിട്ട് അങ്ങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം എനിക്ക് കേട്ടുകൊണ്ടേയിരിക്കണം അങ്ങ് എനിക്കിത് അപ്പൊ സ്റ്റോക്ക് ഒക്കെ തീർന്നു എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ ഞാൻ പുറപ്പെടാം അല്ലെങ്കിൽ എനിക്ക് കേട്ടിട്ട് മതിയാവണം ആ കേട്ട് മതിയായി എന്ന് പറഞ്ഞ് തോന്നിയാ പറഭവിക്കാൻ പോണില്ല അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ കേട്ടുകൊണ്ടിരിക്കാം അപ്പൊ അതിലൊരു വിരക്തിയേ ഇല്ലയെന്നർത്ഥം എത്രയോ പേരങ്ങനെയുള്ള ആളുകളുണ്ട് ഇപ്പോഴും അവർക്കിങ്ങനെ ഭാഗവതം കേൾക്കണതേ ഒരു രസമാണ് എത്ര കേട്ടാലും കേട്ടുകൊണ്ടിരിക്കും കഥകൾ കേട്ടാലും കേട്ടുകൊണ്ടിരിക്കും സത്സംഗ ശ്രവണമേ അവർക്ക് രുചി ശ്രവണമേ അവർക്ക് സാധന അപ്പൊ ശ്രവണ സാധന ഏറ്റവും മുഖ്യമാണ് ഭാഗവതത്തില് അതിനെ വാഴ്ത്തിക്കൊണ്ടാണ് ദശമസ്കന്ധം ആരംഭിക്കുന്നത് പരീക്ഷത്തിന്റെ ചോദ്യവും അതിനെ വാഴ്ത്തിക്കൊണ്ടാണ് ശ്രവിക്കുന്നതിലുള്ള സുഖം ശ്രവണസുഖം ബ്രഹ്മത്തിനെ ശ്രവിച്ചേ അറിയാൻ പറ്റുള്ളൂ ബ്രഹ്മത്തിനെ സാധന ചെയ്തത് നേടാൻ പറ്റില്ല സാധന ചെയ്യുന്നതൊക്കെ കർമ്മമാണ് കർമ്മം കൊണ്ട് ബ്രഹ്മത്തിനെ സ്വാനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല അതുകൊണ്ട് ജനുഷ്യത്വ തന്നെ പറഞ്ഞു അരേ യമാത്മാ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ത്വ്യോ നിതി ധ്യാസിവ്യ ആത്മാവിനെ കുറിച്ച് കേൾക്കണം കേട്ട് മനനം ചെയ്ത് സ്വാനുഭവത്തിൽ കൊണ്ടുവരണം ആത്മാവിനെ തന്നെ നമ്മളിവിടെ കൃഷ്ണൻ എന്ന് പറയുന്നു അത്രേയുള്ളൂ ഭാഗവതം ആരംഭിക്കുമ്പോഴേ പറഞ്ഞു പതന്തി തത്തത്വവിദസ് തത്വം യജ്ഞാനമത്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ ആ തത്വത്തിനെ ബ്രഹ്മം എന്ന് പറയുന്നു പരമാത്മാ എന്ന് പറയുന്നു ഭഗവാൻ എന്ന് പറയുന്നു ഉള്ളതെന്താ അദ്വയം ജ്ഞാനം രണ്ടില്ലാത്തതായ ജ്ഞാനസ്വരൂപമായ വസ്തു അതിനെ തന്നെ പല പേര് പറഞ്ഞു വിളിക്കണോ അത്രയേ ഉള്ളൂ അതിനെ ശ്രവണം കൊണ്ടേ പിടിച്ചെടുക്കാൻ സാധിക്കും മധുരമധുരമായി ഭഗവാന്റെ കഥകളെയും ഭഗവത് തത്വത്തിനെയും ശ്രവിക്കാം ശ്രവണായാപി ബഹുപുറിയോ ലഭ്യ ശൃണ്വന്തോപി ബഹവോയം ന വിദ്യുഹും ആശ്ചര്യോക്തി കഥോപനിഷത്ത് പറയുന്നത് പോലും കിട്ടലാണ് അനേക കോടി ജനങ്ങളിൽ വളരെ കുറച്ചു പേർക്ക് സാധിക്കും ശ്രവിച്ചാലും വളരെ കുറച്ചുപേർക്ക് തെളിഞ്ഞു കിട്ടും തെളിഞ്ഞു കിട്ടി സ്വാനുഭവത്തിൽ ആര് കൊണ്ടുവന്നു അവൻ അതീവ കുശലൻ ഭാഗ്യവാൻ ധന്യനാണ് അപ്പൊ ആ സ്വാനുഭൂതിയാണ് ശ്രവണത്തിന്റെ ലക്ഷ്യം ആ ശ്രവണത്തിലെ പുകഴ്ത്തിക്കൊണ്ടാണ് പരീക്ഷത്ത് കൃഷ്ണകഥ പറയൂ എന്ന് ചോദിക്കുന്നത് കൃഷ്ണകഥ പറയൂ എന്ന് ചോദിക്കുമ്പോ പരീക്ഷത്തിനോട് ശുഖാചാര്യയുടെ കൃഷ്ണതത്വം എന്താണ് എന്ന് ചോദിക്കാം എന്താന്ന് വെച്ചാൽ ദശമസ്കന്ധപര്യന്തം കഥ പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഇനി ഭഗവാനെ ശ്രമിക്കണമെങ്കിൽ താത്വികമായി ഭഗവാന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ ഇനി കഥ പറഞ്ഞാൽ പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ കഥ കഥയായിട്ടിരിക്കും േ കഥിതാം മഹീയസാം വിതായ ലോകേഷു യശപരേം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിഹീനം ദശമസ്കന്ധം അവസാനത്തില് ദ്വാദശസ്കന്ധത്തിൽ അവസാനത്തിലായിട്ട് പറയുന്നു ഈ കഥകളൊക്കെ പറഞ്ഞത് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാനായിട്ടാണ് അല്ലെങ്കിൽ വെറും കഥയായിട്ട് കരുതുകയാണെങ്കിൽ രസിക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് കരുതുകയാണെങ്കിൽ ഇത് പ്രയോജനമില്ല ഈ വാക്കുകൾ കൊണ്ട് ഞാൻ ഒരു വിഭൂതി ഉണ്ടാക്കിയത് തന്നെ വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാൻ ആയിക്കൊണ്ടാണ് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവണമെങ്കിൽ ഭഗവത് തത്വം നല്ലവണ്ണം അറിഞ്ഞു കഥ കേൾക്കണം അതിനാണ് ഈ ഒമ്പത് സ്കന്ധപര്യന്തം നല്ലവണ്ണം സ്തുതികളിലൊക്കെ തന്നെ ഉപനിഷത്തുകളെ നിറച്ച് വെച്ചിട്ടാണ് പത്താമത്തെ സ്കന്ധത്തിൽ ഭാഗവതം തുടങ്ങുന്നത് പലർക്കും ധാരണ ഏകാദശ സ്കന്ധത്തിലൊക്കെ വേദാന്തം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കഥകൾ പക്ഷെ ഈ ഒമ്പത് സ്കന്ധം കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും കേട്ടിട്ടുള്ളവർക്ക് ഈ തെറ്റിദ്ധാരണ മാറിക്കിട്ടും എട്ടാമത്തെ സ്കന്ധം മുഖ്യമായിട്ട് ഉപനിഷത്താണ് മുഴുവൻ ധാരാളം പറഞ്ഞ് നമ്മളെ പക്വപ്പെടുത്തിയിട്ടാണ് പത്താമത്തെ സ്കന്ധങ്ങൾ സ്കന്ധത്തില് കൃഷ്ണകഥയിലേക്ക് പ്രവേശം അപ്പോ ആ കൃഷ്ണകഥാശ്രവണത്തിന് നമ്മൾ പക്വമായി പക്വത എന്താണ് ഒരു തത്വജ്ഞാനം രണ്ടാമത് രസം തത്വജ്ഞാനം വെറും ബുദ്ധിയുടെ മണ്ഡലത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ രസിക്കാൻ പറ്റില്ല വെറും രസിക്കൽ മാത്രമാണെങ്കിൽ അത് ലൗകികമായിട്ടും പോകും അപ്പോ ജ്ഞാനത്തോടു കൂടി രസിക്കുമ്പോൾ ഭഗവാന്റെ ഓരോ ലീലകളും കഥകളും ഒക്കെ തന്നെ നമുക്ക് ഒരു അനുഭൂതിയായിട്ട് തീരും അതിനാണ് ഇത്രയധികം അതിനൊരു ആമുഖം ഉണ്ടാക്കിയത് ഇനി ദശമസ്കന്ധത്തിലുള്ള പ്രവേശമാണ് കൃഷ്ണകഥയിലേക്കുള്ള പ്രവേശം നമ്മൾ നാളെ ചെയ്യും വൃത്തതശം ആരംഭിക്കുമ്പോ പരീക്ഷത്തിന്റെ ഭക്തി ഭക്തി എന്നുവച്ചാൽ ഭഗവത് കഥ കേൾക്കാനുള്ള രുചി ഇവിടെ അതിപ്രബലമായിട്ടാണ് കാണുന്നത് പരീക്ഷിച്ച് ശ്രീ സുഖാചാര്യരോട് ചോദിക്കുകയാണ് കൃഷ്ണകഥ പറയൂ സൂര്യവംശവും ചന്ദ്രവംശവും വിസ്തരിച്ച് പറഞ്ഞുവല്ലോ ആ യദുവംശത്തില് നമ്മൾ യാദവന്മാര് എന്ന് പറയുന്നു യദു മുതൽ ആരംഭിച്ചതുകൊണ്ട് യദുവിനെ പ്രമുഖമായി വെച്ചുകൊണ്ടാണ് യാദവന്മാർ എന്ന് പറയാം എന്താ അപ്പൊ യദുവിന് മാത്രം അത്ര അങ്ങോട്ട് പ്രാമുഖ്യം യാദവംശത്തിൽ എന്ന് വെച്ചാൽ അതിന് കാരണമുണ്ട് ഏകാദശ സ്കന്ധത്തില് യദുമഹാരാജാവിന് സാക്ഷാത് ഭഗവത് സ്വരൂപമായ ദത്താത്രേയം ബ്രഹ്മവിദ്യ ഉപദേശിച്ചുകൊടുത്തു ഭാഗവതസമ്പ്രദായം മുഴുവൻ എങ്ങനെയാണ് ഭാഗവതധർമ്മം ഭാഗവതന്മാരുടെ കഥയാണ് ഭാഗവതം അപ്പൊ യദു ഭാഗവതനാണ് യദു ഭഗവത്ഭക്തനാണ് ഭഗവത് അനുഭവം ഉള്ള ആളാണ് അതുകൊണ്ട് യദുവംശം ആ യദുവംശത്തിൽ ഭഗവാൻ അവതരിച്ചു അപ്പൊ ആ യുവംശത്തിൽ ഭഗവാൻ അവതരിച്ച കഥ പറയൂ ന യോശ്ചധർമ്മശീല നിതരാനി സാശേണ അതീർണ വിഷ്ണോ വീര ശംസന വേദത്തിൽ വിഷ്ണോ വീരയാണി എന്നാണ് പദം അതേപോലെ തന്നെ ഇവിടെ ഭാഗവതത്തിൽ വിഷ്ണുലീല കൃഷ്ണലീലയെ ചോദിക്കുമ്പോ വിഷ്ണു വീര്യാണി ശംസന ഭഗവത്കഥ പറയാനായിട്ട് സുഖബ്രഹ്മ മഹർഷിയോട് പ്രാർത്ഥിച്ചു സർവസംഘപരിത്യാഗികളായി അങ്ങേപ്പോലെയുള്ളവര് ഈ ബവൌഷധം സംസാര രോഗത്തിനുള്ള മരുന്ന് ഈ ഭഗവത് കഥയാണ് ഇതിനെ നിങ്ങളെപ്പോലെയുള്ളവര് ഗാനം ചെയ്ത് നടക്കും ജീവൻ മുക്തനാ ജീവൻമുക്തന്മാരായിട്ടുള്ളവർ അവർക്കിനിയൊരു ആഗ്രഹവും ബാക്കിയില്ല അതാണ് നിവൃത്തദർശൈ ഉപഗീയമാനാ ബവൌഷധാത് ശ്രോത്രമനോഭിരാമാ കൗത്തമശ്ലോക ഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാപശുഘ്നാത് ഇത് നമ്മളിന്നലെ പറഞ്ഞു കൃഷകഥ പറയാനായിട്ട് ഉള്ള ആഗ്രഹം ഇതിന് ശ്രീ സുഖബ്രഹ്മ മഹർഷി അല്പമൊന്ന് സംശയിച്ചു നിന്നു ഒമ്പത് സ്കന്ധം പറഞ്ഞു കഴിഞ്ഞുവല്ലോ അപ്പൊ പരീക്ഷത്തിനോട് സുഖാചാര്യരെ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്നുവെച്ചാൽ ഈ ചോദ്യമൊക്കെ മൂകമായിട്ടുള്ള ചോദ്യം പരീക്ഷത്തെ കൃഷ്ണകഥ പറയണം എന്ന് പറഞ്ഞുവല്ലോ കൃഷ്ണൻ ആരാണ് ഏത് കൃഷ്ണന്റെ കഥയാ പറയേണ്ടത് ഏത് കൃഷ്ണനെ പറയേണ്ടത് കൃഷ്ണന്റെ സ്വരൂപം എന്താ എന്തുകൊണ്ട് കൃഷ്ണകഥ കേൾക്കാൻ രുചി കൃഷ്ണെ ഏതെങ്കിലും വിധത്തിൽ കൃഷ്ണനുമായിട്ട് സമ്പർക്കവും ഉണ്ടോ അപ്പൊ പരീക്ഷത്ത് പറയാണ് ഇപ്പൊ ആദ്യം ആദ്യം പറയണത് നേരിട്ട് തനിക്കുള്ള സമ്പർക്കമല്ല ഭഗവാനും തനിക്കുമുള്ള സമ്പർക്കം ഭക്തന്മാരൊക്കെ ഒളിച്ചു വയ്ക്കും അത്ര പെട്ടെന്ന് വെളിപ്പെടുത്തില്ല അപ്പൊ ആദ്യം പറയണത് എനിക്ക് പരിചയമുള്ള കൃഷ്ണൻ എന്നല്ല എന്റെ മുത്തശ്ശന്മാർക്ക് പരിചയമുള്ള കൃഷ്ണൻ പിതാ മഹാമേ സമരെ അമരഞ്ജയൈ്രതാദ്യതിരതൈ തിമിംഗനൈ ദുരവ സൈന്യസാഗരംസപദം സ്മയപ്ലവ എന്റെ പിതാമഹന്മാര് മുത്തശ്ശന്മാര് അർജുനൻ യുധിഷ്ഠിരൻ ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ മുതലായിട്ടുള്ളവര് കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്തു പാണ്ഡവർക്ക് വെറു ഏഴ് അക്ഷോഹി പടയും കൌരവന്മാർക്ക് പതിനൊന്ന് അക്ഷോഹി പടയും ആ സൈന്യവും ഒക്കെ കുരുക്ഷേത്ര ഭൂമിയിൽ അങ്ങനെ നിറഞ്ഞു കൗരവ സൈന്യ സാഗരം എന്നാണ് സൈന്യം വലിയ സമുദ്രം പോലെ പക്ഷെ ആ സമുദ്രം ഒന്നുമല്ല എന്നാണ് ഇവരുടെ പാണ്ഡവരുടെയോ അവരുടെ അപേക്ഷിച്ച് നോക്കുമ്പോ ഒരു ചെറിയ നദി പോലെ ഇവിടെ ഏഴ് അക്ഷോഹി പട കൌരവന്മാർക്ക് സമുദ്രം പോലെ പതിനൊന്നക്ഷഭൂണിപ്പട അർജുൻ ദുര്യോധനൻ തന്നെ ഭഗവത്ഗീതയില് ദ്രോണാചാര്യരുടെ അടുത്ത് പറഞ്ഞു അപര്യാപ്തം തത് ബലം ഭീഷ്മാവിരക്ഷിതം പര്യാപ്തം തുശാം ബലം ഭീമാവിരക്ഷിതം നമുക്ക് ഭീഷ്മർ കാക്കുന്ന ഈ സമുദ്രം പോലെയുള്ള ഈ സൈന്യം പോര അപൂർണമായിട്ട് തോന്നുന്നു പക്ഷെ പാണ്ഡവരുടെ സൈന്യം അല്പമേ ഉള്ളുവെങ്കിലും പൂർണമായിട്ട് തോന്നണമെന്ന് എന്താ കാര്യം എന്ന് വെച്ചാൽ പൂർണമായ ഒരു പൊരുൾ അവിടെ ഇരിക്കുന്നു ആ പൊരുൾ എവിടെ ഉണ്ടോ അവിടെ അല്പമാണെങ്കിലും പൂർണ്ണം ഇവിടെ ഇത്രയധികം സൈന്യം ഉണ്ടെങ്കിലും ഭഗവാന്റെ അഭാവം ഇവിടെ അപൂർണമായിട്ട് തോന്നണെന്നാണ് അപ്പൊ പരീക്ഷത്തിലൂടെ പറയുന്നത് ആ മഹാസമുദ്രത്തിന് പാണ്ഡവര് തരണം ചെയ്തു എങ്ങനെയാണ് തരണം ചെയ്തത് ദേവവ്രതാദി അതിരഥൈഹി തിമിംഗലൈഹി ആ സമുദ്രത്തിന് തിമിംഗലങ്ങളുണ്ട് ഭീഷ്മ പിതാമഹൻ മുതലായിട്ടുള്ള തിമിംഗലങ്ങൾ എന്നറിഞ്ഞിട്ടുള്ള ഒരു സമുദ്രം ആ സമുദ്രത്തിന് സാക്ഷാത് ഭഗവാനെ നാവികനായി വെച്ചുകൊണ്ട് ഭഗവാനെ കപ്പലോട്ടിയായി വെച്ചുകൊണ്ട് തരണം ചെയ്തു ഭഗവാന്റെ കൃപ കൊണ്ട് തരണം ചെയ്തു സംസാര സമുദ്രം നമ്മൾ പറയും പക്ഷെ സമുദ്രം ഭഗവാന്റെ കൃപ വന്നാൽ അവിടെ സമുദ്രമേ ഉണ്ടാവില്ല എന്നാണ് ഇനി ഭീഷ്മസ്തുതിയിൽ നമ്മൾ കാണും അനിർതാം ബുദ്ധിഹി എന്നാണ് സമുദ്രം സമുദ്രം പോലെ തോന്നിയതൊക്കെ ഭഗവത് കൃപ ഉള്ളിൽ ഉദിക്കുമ്പോ സംസാരവും ഇവിടെ സമുദ്രവും ഇല്ല ആനന്ദമേ ഉള്ളൂ ബ്രഹ്മമൊന്നേ ഉള്ളൂ അപ്പോ കൗരവ സൈന്യമാകുന്ന സാഗരത്തിനെ ഭഗവാനെ ആശ്രയിച്ചു കൊണ്ട് പാണ്ഡവര് തരണം ചെയ്തു കൃത്വാതരൻ വത്സപഥം സ് ഒരു ചെറിയ ഒരു പശുവിന്റെ കുളമ്പടിയിൽ നിൽക്കുന്ന വെള്ളം എങ്ങനെ ചാടികടക്കുവോ കാലെങ്ങനെ വെച്ച് കിടക്കുമോ അതുപോലെ ഈ സമുദ്രത്തിനെ ഭഗവത് കൃപ കൊണ്ട് തരണം ചെയ്തു എന്നാണ് ആ ഭഗവാനെ കുറിച്ച് പറയൂ എന്റെ മുത്തശ്ശന്മാർക്ക് അനുഗ്രഹം ചെയ്ത ഭഗവാൻ നമ്മൾ നോക്ക് പറയും അല്ലെ ഗുരുവായൂരപ്പൻ എന്റെ മുത്തശ്ശനെ ഒരു കുടുംബത്തിലൊരു വിഷമം വന്നപ്പോൾ ഗുരുവായൂര ചെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്റെ അച്ഛൻ ജനിച്ചത് അതുകൊണ്ട് ഗുരുവായൂരപ്പൻ ഞങ്ങൾക്ക് കുലത്തിന് കുലദൈവമാണ് എന്നൊക്കെ പറയും അപ്പൊ മുത്തശ്ശനും ഗുരുവായൂരപ്പനുമേ ബന്ധമുള്ളൂ എനിക്കും ഗുരുവായൂരപ്പനും ബന്ധമായിട്ടില്ല അപ്പൊ ഇവിടെ മുത്തശ്ശന്മാരുടെ കഥയാണ് പരീക്ഷത്ത് പറഞ്ഞത് അപ്പൊ പോരാ ഡയറക്ട് ടച്ച് വേണം സുഖബ്രഹ്മ മഹർഷി അല്പം ഒന്ന് സംശയിച്ചു നിന്നു പരീക്ഷത്തെ എവിടെയും ഭഗവാനുമായിട്ട് നേരിട്ടുള്ള സമ്പർക്കം ഉണ്ടായിട്ടില്ലേന്ന് അപ്പൊ പരീക്ഷത്തെ അല്പം ഒന്ന് നാണിച്ചുകൊണ്ട് പറഞ്ഞു എന്താന്ന് വെച്ചാൽ അത് പറയാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ള മട്ടില് എന്റെ അമ്മയുടെ മുഖം കാണുന്നതിനു മുമ്പ് ഞാൻ കണ്ടത് ഭഗവാന്റെ മുഖമാണ് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോ ആ ദിവ്യരൂപം എന്റെ മുമ്പിൽ പ്രകാശിച്ചു കൃഷ്ണൻ ദീക്ഷ കൊടുത്തത് പരീക്ഷത്തിന് ദീക്ഷ കൊടുത്തത് ഗർഭത്തിൽ വെച്ചാണ് ഗർഭശ്രീമാൻ എന്ന് പരീക്ഷത്തിനെയാണ് പറയേണ്ടത് ഗർഭത്തിൽ വച്ച് ഭഗവത് ദർശനം പരീക്ഷത്തിലുണ്ടായി പാഹി പാഹി മഹായോ ദ ജഗത്പത്തെ ന്യം ത്വദയം പശ്യേയത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശരസ്താസോ വിഭോ കാമഹതു മാം നാഥ മാർഭോ നിപത്യത അശ്വത്ഥാമാവ് ബ്രഹ്മശീർഷം വഹിച്ചപ്പോ പാണ്ഡവരൊക്കെ ഭഗവാൻ പുറത്തുനിന്ന് പാണ്ഡവരെ രക്ഷിച്ചു ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന പരീക്ഷത്തിന് അഭിമന്യുവിന്റെ പത്നിയായ ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന ഈ ബീജം സന്താന ബീജം കുരു പാണ്ഡവാനാം കൌരവന്മാർക്കും പാണ്ഡവന്മാർക്കും കൂടെ ആകെ ബാക്കിയുള്ള ഒരേ സന്തതി ആ സന്തതിയെ ഗർഭത്തിൽ ചെന്ന് ഈ ബ്രഹ്മശീർഷം കത്തിച്ചു കളയാനായിട്ട് നിൽക്കുമ്പോൾ ഉത്തരയുടെ ശരീരം മുഴുവൻ വെന്തു തീറുകയാണ് ഉത്തര ഓടിക്കൊണ്ടുവന്നു ഭഗവാന്റെ കാലില് വന്ന് വീണു പാഹി പാഹിമാ യോഗിന് എന്താ ഇപ്പോ ധർമ്മപുത്രനുണ്ടല്ലോ ഭീമനും മറ്റുമൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ കാലില് വീഴായിരുന്നുവല്ലോ എന്ന് വെച്ചാൽ എത്ര മൃത്യുഹോ പരസ്പരം ലൌകികമായ എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കണമെങ്കിൽ അവരൊക്കെ സമീപിക്കാം ഒരു സൗഗന്ധ കല്യാണ സൗഗന്ധികം പുഷ്പം കൊണ്ടുവരണമെങ്കിൽ ഭീമനെ പറഞ്ഞേക്കാം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാനാണെങ്കിൽ അർജുനനെയോ മറ്റുമൊക്കെ സമീപിക്കാം പക്ഷേ ഇവിടെ കാര്യം മൃത്യുവാണ് മൃത്യുവിനെ അകത്താണ് മൃത്യു പുറത്തല്ലപ്പോ പുറത്ത് ഉള്ള മൃത്യു പോലും തനിക്ക് ഉള്ളില് കിടക്കുന്ന ശിശുവിനെ ആണ് ഇപ്പൊ ഈ ബ്രഹ്മശീർഷം എരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ട് രക്ഷയില്ലാന്ന് അപ്പോ മൃത്യുജയനായിട്ടുള്ള ഭഗവാന് ശരണാഗതി ചെയ്തു ഉത്തര ഉത്തര ശരണാഗതി ചെയ്തതിന്റെ ഫലമാണ് പരീക്ഷിച്ച് ഭാഗവതം കേൾക്കണത് അമ്മ ഭക്തയായിരുന്നുവെങ്കിൽ കുട്ടിക്ക് ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ഉത്തര ഭഗവാന് ശരണാഗതി ചെയ്തു നാളെ സദ്ദർശനത്തിൽ നമ്മൾ കാണും രണ്ടാമത്തെ ശ്ലോകം ആദ്യത്തെ ശ്ലോകം ജ്ഞാനവും രണ്ടാമത്തെ ശ്ലോകം ഭക്തിയും എന്ന് പറഞ്ഞു മൃത്യുഞ്ജയം മൃത്യുഭയാശ്രിതാനാം അഹമ്മതിർ മൃത്യുമുപീതിപൂർവം അതസ്വഭാവാഷു തേശു കഥം പുനർമൃത്യുധിയോ അവകാശ മൃത്യുഞ്ജയനായ ഭഗവാൻ വേണം ശരണാഗതി ചെയ്യാൻ മരണം വരുമ്പോ ലോകത്തിലുള്ള ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈയിടെ ഒരു സംഭവം ഉണ്ടായി ഒരു ആൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള സൂക്കേട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഡോക്ടറോട് പറഞ്ഞു ആ അമ്മ കാലു പിടിച്ചുകൊണ്ട് കരഞ്ഞു ഡോക്ടറോട് ഡോക്ടറെ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷിക്കണം ഡോക്ടർ പറഞ്ഞു ഇതൊരു ഓപ്പറേഷൻ ചെയ്ത് രക്ഷിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം ഇപ്പൊ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പാ മതി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു ഡോക്ടർ അന്ന് രാത്രി പോയാൽ ഡോക്ടർ അടുത്ത ദിവസം രാവിലെ വന്നില്ല ഡോക്ടർ അന്ന് രാത്രി ഡോക്ടർക്ക് ഹാർട്ട് അറ്റാക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രോഗിയും മരിക്കുകയും ചെയ്തു എത്ര മൃത്യുഹു പരസ്പരം ലോകത്തില് ആർക്കും മൃത്യുവിന്റെ കാര്യത്തിൽ മാത്രം വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല രക്ഷിക്കാം എന്ന് പറയാൻ ഒരാൾക്ക് സാധ്യല്ല അപ്പൊ ലോകത്തിലെല്ലാരും മൃത്യുവിന്റെ പിടിയിലിരിക്കുമ്പോ മരണം വരുമ്പോ ആരെ ശരണം പ്രാപിക്കും അപ്പൊ മരണം വരുമ്പോ ഒരേ ഒരു ഗതി ഭഗവാനേ ഉള്ളൂ എന്നറിയുന്നത് കൊണ്ട് ഉത്തര ഭഗവാന്റെ കാലിൽ ചെന്ന് ദ്രൗസ്ത്ര വിപ്ലുഷ്ടദ സീജം കുരു പാണ്ഡവാ ജുഗോപക്ഷി ഗദ ആചക്തുശ്യമേയൗ്യപ്ലുഷ്ടദം അതംഗം ഈ ശരീരം ഉണ്ടല്ലോ ഇംഗം ഈ ശരീരം ദ്രൗണ്യസ്ത്രവിപ്ലുഷ്ടം അശ്വത്ഥാമാവ് ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവിന്റെ അസ്ത്രം കൊണ്ട് എലിച്ചിട്ടുള്ളതാ പലവിധത്തിലും വിഷമിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ശരീരം ഭഗവാൻ ഗർഭത്തില് പ്രവേശിച്ച് ഉത്തരയുടെ ഗർഭത്തില് പ്രവേശിച്ചു പ്രവേശിച്ചെന്ന് വെച്ചാൽ അതിന്റെ അവിടെ ഇല്ലേ പുറത്തുനിന്ന് പ്രവേശിക്കണോ നമ്മളുടെ വാക്കിന് പ്രവേശിച്ചു എന്ന് പറയണു അത്രേയുള്ളൂ അഹം വൈശ്വാനറോ ഭൂത്ത് പ്രാണിനാം ദേഹം ആ ഗർഭസ്ഥലത്തിൽ തന്നെ ഉള്ള ഭഗവാൻ ഗർഭഗത വിഷ്ണു പരീക്ഷത്തിന് അവിടെ ദർശനം കൊടുത്തു പരീക്ഷത്തിന് ദർശനം കൊടുത്തു മാത്രമല്ല ഈ ബ്രഹ്മശീർഷത്തിനെ സംഹരിക്കുകയും ചെയ്തു അവിടെ വെച്ച് പരീക്ഷത്തിന് ദർശനമുണ്ടായി എന്റെ അമ്മ ശരണാഗതി ചെയ്തപ്പോ തന്നെ എനിക്ക് ഭഗവത് പ്രാപ്തി രണ്ടുപേർക്ക് ഭാഗവതത്തിന് അങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഒന്ന് പരീക്ഷിത്ത് മറ്റൊരു പ്രഹ്ലാദൻ പ്രഹ്ലാദന് ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവത് അനുഭൂതി ഭഗവത് തത്വജ്ഞാനം പരീക്ഷിത്തിന് ഗർഭത്തിൽ വെച്ച് ഭഗവത് ദർശനം അപ്പോൾ ഗർഭത്തിൽ നിന്നും ഭഗവത് ദർശനം കിട്ടിയതിന്റെ ഫലമാണ് ഞാൻ ഇന്ന് ഭാഗവതം കേൾക്കണത് പഞ്ചമസ്കന്ധത്തിൽ ജഡഭരതചരിത്രം പറഞ്ഞു ജഡഭരത ചരിത്രം പറഞ്ഞ് കേൾ പറയുമ്പോൾ ശുഖബ്രഹ്മ മഹർഷിക്ക് അത്ര വേണ്ട ആനന്ദം എന്താന്ന് വച്ചാൽ എല്ലാവർക്കും അവരവരുടെ കഥ പറയാൻ വളരെ ഇഷ്ടമാണ് ജടഭരത ചരിത്രം ശുഖാചാര്യർക്ക് തന്റെ തന്നെ കഥയാണ് ഏകദേശം താനും അതുപോലത്തെ ആളാണ് ആനന്ദമായിട്ട് ജട ഭരതോപാഖ്യാനം പറഞ്ഞിട്ട് പരീക്ഷത്തിനെ ഉത്തരാമാതഹ എന്ന് വിളിച്ചു ഉത്തരയെ അമ്മയായി കിട്ടാൻ ഭാഗ്യം സിദ്ധിച്ചവനെ എന്നാണ് എന്താന്ന് വച്ചാൽ ഇപ്പൊ അത്ര വിശേഷണം കൊടുക്കാൻ കാരണം ഉത്തരാമാതഹ എന്ന് വിളിക്കാൻ കാരണം ഉത്തര ശരണാഗതി ചെയ്തതിന്റെ ഫലമാണ് ഇനി ഇരുന്നിവിടെ ചരിത്രം കേട്ടത് ഭാഗവതം കേട്ടത് അപ്പൊ പരീക്ഷിച്ചു പറയാണ് ഗർഭത്തിൽ വെച്ച് എനിക്ക് കൃഷ്ണ ദർശനം ഉണ്ടായി എന്നാണ് ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടം പാണ്ഡവാദ ആത്തചക്ര കൈൽ സുദർശന ചക്രത്തോടുകൂടെ ചക്രം കയ്യില് പിടിച്ചുകൊണ്ട് എനിക്ക് ദർശനം തന്നു ഭഗവാൻ മാതൃശമേയം ഗതാ ഇപ്പോ ഭഗവാൻ അങ്കുഷ്ടപരിമാണനായിട്ട് ഗർഭത്തിൽ ദർശനം കിട്ടി ഇപ്പൊ എട്ട് ഒമ്പത് സ്കന്ധം ഭാഗവതം കേട്ട് കഴിഞ്ഞു ഇനിയിപ്പോ ഗർഭത്തിൽ കൃഷ്ണദർശനം കിട്ടിയിട്ട് പരീക്ഷത്ത് പുറമേക്ക് വന്ന് സാധാരണ രാജാക്കന്മാരെ തുണെ പോലെ തന്നെ രാജ്യം ഭരിച്ചു കുറെ യുദ്ധം ചെയ്തു ആളുകളെ രക്ഷിച്ചു ശിക്ഷിച്ചു ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ആ തക്ഷകദംശമേൽക്കും എന്നുള്ള ശാപവും കിട്ടി ശാപം കിട്ടിക്കഴിഞ്ഞപ്പോ പരീക്ഷത്ത് വൈരാഗ്യമുണ്ടായി ഈ ശാപവാർത്ത കേട്ടതോടുകൂടെ പരീക്ഷത്തിന് തീവ്ര വൈരാഗ്യമുണ്ടായി ഇനി ലോകത്തിലൊന്നും ചെയ്യാനില്ല ഭഗവാനെ പ്രാപിക്കണം അതിനെന്തെങ്കിലുമൊക്കെ വഴി തേടണം അങ്ങനെയാണ് ഗംഗാതീരത്ത് വന്നിരുന്നതും ശുഖബ്രഹ്മ മഹർഷിയെ കണ്ടതും സുഖബ്രഹ്മ മഹർഷിയെ കണ്ട് ശുഖാചാര്യർ ഭാഗവതം പറയാനായി തയ്യാറായിട്ട് വന്നിരുന്നപ്പോൾ തന്നെ പരീക്ഷത്ത് പറഞ്ഞു അഭിമേ ഭഗവാൻ പ്രീതഹ കൃഷ്ണ പാണ്ഡുസുധ പ്രിയഹ ശ്രീകൃഷ്ണ ഭഗവാൻ ഞങ്ങളുടെ കുലത്തിനെ നല്ല ഗുണം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്റെ മുത്തശ്ശന് ഭഗവാൻ തന്നെ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു എനിക്കിപ്പോതാ ഭഗവത്ത്തെ ഉപദേശിക്കാനായിട്ട് അങ് എന്റെ മുമ്പിൽ വന്നിരിക്കണോ ഗർഭത്തിൽ വെച്ച് കൃഷ്ണനെ കണ്ടതിന്റെ ഫലം വെറുതെ പോയ്യോ എന്ന് വിചാരിച്ചതാ ഏതോ എത്രയോ ആളുകൾക്ക് പല ദർശനം കിട്ടുന്ന പോലെ എനിക്കെന്താ ഗർഭത്തിൽ കൃഷ്ണ ദർശനം അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചതാ ഇപ്പോഴാണ് കൃഷ്ണ ദർശനത്തിന്റെ ഫലം എനിക്ക് മനസ്സിലായത് കൃഷ്ണനെ ഗർഭത്തിൽ കണ്ടതിന്റെ ഫലമാണ് ഇന്നിത് ആ ശുഭബ്രഹ്മ മഹർഷിയുടെ മുമ്പിലിരുന്ന് ഭാഗവതം കേൾക്കണത്താണ് അതുകൊണ്ട് ഭഗവാനെ ഭാഗവതം പറയൂ എന്ന് പറഞ്ഞു എട്ടൊമ്പത് സ്കന്ധം പറഞ്ഞു ഇപ്പൊ ശുഭബ്രഹ്മ മഹർഷി അർത്ഥവത്തായിട്ട് പരീക്ഷിച്ചതിനെ നോക്കുകയാണ് കൃഷ്ണസ്വരൂപം പറയൂ ആരാ കൃഷ്ണൻ ഏ ഗർഭത്തിൽ കണ്ടു അതൊക്കെ ഇരിക്കട്ടെ കൃഷ്ണന്റെ സ്വരൂപം എന്താ അപ്പൊ പരീക്ഷത്തിനു മനസ്സിലായി ശുഖാചാര്യരെന്താ ഉദ്ദേശിക്കുന്നത് അന്തർബിപൂരുഷകൂപൈ പ്രയച്ഛതോ മൃത്യുദാമൃതം ചയാമനുഷ്യവതസ്വ വിന് മാമനുഷ്യനായ ഭഗവാന്റെ കഥ പറയൂ കൃഷ്ണൻ അവതാരമെടുത്ത് മുമ്പിൽ വന്ന് കളിയാടി എങ്ങനെയാ വൈഷ്ണവിയും ആയെ സ്വീകരിച്ചുകൊണ്ട് അവതരിച്ചു പക്ഷെ ഭഗവാന്റെ സ്വരൂപമെന്താ അഖിലദേഹഭാജം എല്ലാവരുടെ ശരീരത്തിലും ഭഗവാൻ കുടികൊള്ളുന്നു നമ്മളുടെ ദേഹം തന്നെ ദേവാലയം ഈ ദേഹത്തിൽ അന്തരഹൃദയത്തിൽ ഭഗവത് അനുഭൂതി ഏർപ്പെടും മനസ്സിനെ അന്തർമുഖമാക്കിയാൽ ഭഗവാനെ അനുഭവിക്കാം ിലുമുണ്ട് ഭഗവാൻ പുറമേക്കുമുണ്ട് അന്തർബ്യാപ്യനാരായണ സ്ഥിത നാരായണൻ ഉള്ളിലും പുറത്തുമൊക്കെ വ്യാപിച്ചു നിൽക്കണം അകത്ത് മാത്രമല്ല പുറത്തുമുണ്ട് എന്നാ പിന്നെ പുറത്തു നോക്കിയാ പോരെ ലോകത്തിലൊക്കെ കണ്ടുകൊണ്ടിരുന്നാ പോരെ എന്നുവെച്ചാൽ പുറമേക്ക് നോക്കുകയാണെങ്കിൽ ഭഗവാൻ മൃത്യു അകമയ്ക്ക് നോക്കുകയാണെങ്കിൽ അമൃത്വ പ്രാണ് ഭഗവാൻ രണ്ടു രൂപം ധരിച്ചിട്ടാണ് നിൽക്കുന്നത് മനസ്സ് ബഹിർമുഖപ്പെടുകയാണെങ്കിലോ മൃത്യു പുറമേക്ക് മരണം അകമേക്ക് അമൃതം അകമേക്ക് അമൃതം ഭാഗവതത്തിന്റെ ഹിന്ദിയിൽ വളരെ പ്രസിദ്ധമായ വ്യാഖ്യാനമുണ്ട് സ്വാമി അഖണ്ഡാനന്ദജി മഹാരാജ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമാണ് ഭാഗവതം വളരെ ശാസ്ത്രീയമായിട്ടും ഭക്തി രസത്തോടുകൂടിയും ഉള്ള വ്യാഖ്യാനമാണ് അഖണ്ഡാനന്ദ സ്വാമി ഈ ശ്ലോകത്തിന് വ്യാഖ്യാനം ചെയ്തിട്ട് ഇതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം ഒരു വലിയ മഹാത്മാവിനെ കാണാൻ ചെന്നു ഒരു പക്ഷേ രമണു മഹർഷിയായിരിക്കാം അദ്ദേഹം മഹർഷിയെ കണ്ടിട്ടുണ്ട് അപ്പോ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെന്നപ്പോ പുറമേക്ക് നല്ല ചൂട് വേനൽക്കാലം അപ്പോ ഈ മഹാപുരുഷൻ മഹർഷി തന്നെയാണെന്നാണ് എന്റെ ഒരു ഭാവം കാണാൻ ചെന്നപ്പോ അഖണ്ഡാൻ സ്വാമി കാണാൻ ചെന്നപ്പോ ഈ ശ്ലോകം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെന്നപ്പോ അദ്ദേഹം അഖണ്ഡാൻ സ്വാമിയോട് പറഞ്ഞു പുറമേക്ക് ഭയങ്കര ചൂട് അകത്തേക്ക് വരൂ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞു അത്ര പുറമേക്ക് നല്ല ചൂട് അകത്തേക്ക് വരൂ എന്ന് ഈ ശ്ലോകം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അന്തർബിപുരുഷ കാലൂപീ പുറമേക്ക് കാലരൂപനായിട്ടും അകമേയ്ക്ക് പുരുഷരൂപമായിട്ടും പുറമേക്ക് മൃത്യുവായിട്ടും അകമയ്ക്ക് അമൃതമായിട്ടും പുറമേക്ക് നിന്നാലോ മൃത്യുവിന്റെ ദുഃഖം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു നശ്വരം ഏത് വസ്തുവിനെ കയറി പിടിച്ചാലും അത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചതിച്ചു വിട്ടുപോകും ഏതെങ്കിലും വ്യക്തികളെയോ വസ്തുക്കളെയോ ഒക്കെ നമ്മൾ നമ്മൾ എന്തെങ്കിലും വിധത്തിൽ ആശ്രയിച്ചാൽ അത്യന്തം നമുക്ക് എപ്പോഴെങ്കിലും ഒരു കാലത്ത് ദുഃഖിക്കേണ്ടി വരും വേണമെങ്കിൽ നോക്കിക്കോളാം നമ്മൾ എത്ര ഉയർന്ന വ്യക്തി എന്ത് നല്ല വ്യക്തിയാണെങ്കിലും ശരി വ്യക്തികളെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ വസ്തുക്കളെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കും അപ്പോ അതിന് മൃത്യുണ്ടോ അത് അർത്ഥം അതിനെന്തെങ്കിലും ഒരു ദിവസം നമ്മൾ വിട്ടുപോകും അത് നശ്വരമാണ് നമ്മളുടെ ശരീരമടക്കം അപ്പോ പുറമേക്ക് കാലപുരുഷനായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപമാണ് മൃത്യു അകമേക്ക് തിരിഞ്ഞാലോ നിരന്തര ആനന്ദ രസസ്വരൂപം അമൃതം ചേ അഹമാത്മാ ഗുടാകേശ സർവഭൂതാശയസ്ഥിത എല്ലാവരുടെയും ഹൃദയാകാശത്തില് അഹം അഹം അഹം എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവത് സ്വരൂപമാണ് നമ്മളുടെ ഉള്ളില് അക്ഷരമായിട്ട് നശിക്കാത്ത വസ്തുവായി ഉള്ളില് സാക്ഷിയായി അന്തര്യാമിയായി പ്രകാശിക്കുന്നത് പുരുഷരൂപം നോക്കണേ ഈ പുരുഷൻ എന്നുള്ളത് ഇംഗ്ലീഷില് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ സംസ്കൃതത്തില് പ്രഥമപുരുഷൻ മധ്യമപുരുഷൻ ഉത്തമപുരുഷൻ എന്നാണ് സഹ മധ്യമപുരുഷൻ ത്വം ഉത്തമപുരുഷൻ എന്നുള്ളത് അഹം ആണ് അഹം എന്നുള്ളതിന് തേർഡ് പേഴ്സൺ എന്നല്ല സംസ്കൃതത്തില് തൃതീയ പുരുഷനല്ല ഉത്തമപുരുഷൻ എന്നാണ് എന്താ ഈ അഹത്തിന് ഉത്തമ